മ്പരയെ സ്മരിച്ചുകൊണ്ട് ചർച്ച തുടങ്ങാമത്തെ മന്ത്രമാണ് മന്ത്രാണാമ്യത അസ്ഥി വിധി പൂർവമന്ത്രോക്തം മന്ത്രാണാം അസ്ഥി മന്ത്രാണാം മന്ത്രങ്ങൾക്ക് ജാമ്യം അസ്ഥിയില്ല ആലസ്യം എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എവിടെ വീണ്ടും പറയുന്നു അതെന്തിനു പറയുന്നു അത് പറയേണ്ട എന്ന് മന്ത്രം വിചാരിക്കത്തില്ല അല്ലെങ്കിൽ മന്ത്രദൃഷ്ടാക്കളായ ഋഷിമാർ അവരെങ്ങനെ കരുതുന്നില്ല ഒരിക്കലും പറഞ്ഞതിനെ വീണ്ടും പറയാം ഒരിക്കൽ ചെയ്ത പ്രവൃത്തിയെ വീണ്ടും ചെയ്യുന്നതിൽ നിന്നും നമ്മളെ തടയുന്ന സാധാരണ ആലസ്യങ്ങൾ മടി ചെയ്യണ്ടെന്ന് വിചാരിക്കുക ഋഷിമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല ജാമ്യതാസ്തി ആലസ്യമില്ല എന്നുവെച്ചാൽ പറഞ്ഞതിന് വീണ്ടും പറയുന്നു അതിന് സമാനം പറയുകയാണ് സാധാരണ പറഞ്ഞതിന് വീണ്ടും പറയുന്നതിന് പുനരുക്തി എന്ന് പറയുന്ന ദോഷം വരും ഒരു കാര്യം പറഞ്ഞിട്ട് വീണ്ടും പറയുക പക്ഷെ പറയുന്ന കാര്യം വളരെ ഗഹനമാണ് സാമാന്യ ബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണെങ്കിൽ വീണ്ടും പറയാം പുനരുക്തി അവിടെ ദോഷമില്ല ഇവിടെ ആത്മതത്വം ദുരവഗം ദുരവഗാഹം മനസ്സിലാക്കുന്നതിന് വളരെ പ്രയാസമുള്ളതാണെന്ന് പറയുന്നു പ്രാകൃത ബുദ്ധികൾക്ക് അസംസ്കൃത ബുദ്ധികൾക്ക് അങ്ങനെയുള്ളവർക്ക് ഇതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ പലതരത്തിൽ പറയേണ്ടി വരുന്നു അപ്പൊ അങ്ങനെ ആവർത്തി പുനരുത്തി ഇവിടെ ദോഷമല്ല എന്നാണ് ഭീതി അക്കാരണത്താൽ പൂർവമന്ത്രോക്തം അഭ്യർത്ഥം പൂർവമന്ത്രോക്തമി ഈ പറഞ്ഞ അർത്ഥം ഈ പറയുന്ന കാര്യം മുൻ മന്ത്രത്തിൽ പറഞ്ഞതാണെങ്കിലും പുനരാഹ വീണ്ടും പറയുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അയാളുടെ ഉള്ളിൻ്റെ ഇതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത മന്ത്രം അഞ്ചാമത്തെ മന്ത്രം തതേ ജതി തന്നെയ് ജതി തദ് അന്തിക invece sinho, 里rosya sarwa-osya intéress up PIi ཁ ཁ གེ ང སོི ཐབ ཤ སི སུན�བ སླི ངསླ Tad e Be radhi Tad na elegady It is called ması Than an eはは Tad na e gleichady Tad duri Tad hu an de ge That is called た позволi തന്നൈജതി ഭാഷ്യകാരം ഭാഷ്യം വ്യാഖ്യാനിക്കുകയാണ് തദ്ത്മതം യത് പ്രകൃതം തദ്ദേ വ്യാഖ്യാനിക്കുകയാണ് തദ് ആത്മതത്വം യത് പ്രകൃതം ഏതെന്നാണോ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ വ്യാഖ്യാനിക്കുന്നു ഏജതി വന്നിട്ടുണ്ട് ഈ ഭാഗം അതുകൊണ്ട് എന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നു ചലതി അത് ചലിക്കുന്നു ആത്മതത്വം ചലിക്കുന്നതാണ് അതേ ആത്മതത്വം തന്നെ ഏത് ആത്മതത്വമാണോ ചലിക്കുന്നു എന്ന് പറഞ്ഞത് അത് തന്നെ ചലിക്കുന്നു ചലിക്കുന്നതുമില്ല അതിൽ വിരോധമുണ്ട് ചലിക്കുന്നു ചലിക്കുന്നില്ല എന്ന് പറയുന്നത് അതിനടുത്ത് വിശദീകരിക്കുന്നു സ്വതോ നൈവചരതി സ്വതോ അച്രതി ഇത്യർത്ഥ സ്വതോ നൈവതി ഈ രണ്ടു കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് സത്യം മറ്റൊന്നെ എന്താണ് സത്യം സ്വതോ നൈവചതി സ്വത അത് ചലിക്കുന്നില്ല ആത്മതത്വത്തിൽ ചലനം സംഭവിക്കുന്നില്ല ക്രിയകൾ സംഭവിക്കുന്നില്ല ഒരു വസ്തുവിൽ ക്രിയ കർമ്മം നടക്കുന്നതാണ് അതിന്റെ ചലനം വസ്തുവിന്റെ ചലനം ആത്മതത്വം സ്വതേ ചലിക്കാത്തതാണ് അതാണ് സത്യം എന്ന് പറഞ്ഞാൽ പറയുന്നു അചലമേവസത്ത് ചലത്തി ഇവ ഇത്യർഥ അചലമേവസത്ത് അചലമായിക്കൊണ്ട് തന്നെ അത് ചലിക്കാതിരുന്നുകൊണ്ട് തന്നെ പിന്നെ ചലിക്കുന്നു പറഞ്ഞാലോ ചലതി ഇവ ചലിക്കുന്നത് പോലെ ഇത്യർത്ഥ എന്നാണ് എന്റെ താല്പര്യം ആത്മാവ് യാതൊരു തരത്തിലുള്ള ചലനങ്ങളും ക്രിയകളും സംഭവിക്കുന്നില്ല അതുകൊണ്ടത് യാതൊരു തരത്തിലുള്ള വികാരങ്ങൾ സംഭവിക്കുന്നില്ല പരിണാമങ്ങൾ സംഭവിക്കുന്നില്ല എന്നാലും അത് ചലിക്കുന്നതായി അനുഭവപ്പെടുന്നു അത് ചലിക്കുന്നതായി അനുഭവപ്പെടുന്നെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നു ഞാൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു അതാണ് ആത്മാവിന്റെ ചലന അനുഭവം ഞാൻ സഞ്ചരിക്കുന്നു എന്നൊരാൾ പറയുന്നു ഞാൻ നടക്കുന്നു എന്ന് പറയുന്നു ഞാൻ നടക്കുന്നു താനാരാണ് ആത്മാവ് താനെന്ന് പറയുന്നതാണ് ആത്മാവ് അത് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അപ്പോൾ അത് നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ കാണുന്നു ഇതെന്താണ് ചലതി ഇവ എന്നാണ് ചലിക്കുന്നത് പോലെ എന്ന് വെച്ചാൽ വാസ്തവത്തിൽ സഞ്ചരിക്കുന്നില്ല ആത്മാവ് എന്തുകൊണ്ടാണ് ആത്മാവ് പാണിപാദം എന്നെല്ലാം പറയാൻ കൈയില്ല കാലില്ല സഞ്ചരിക്കുന്നതിനുള്ള പിന്നെ അതങ്ങനെ സഞ്ചരിക്കും വാസ്തവത്തിൽ താൻ സഞ്ചരിക്കുന്നില്ല തന്നിൽ ചലനം ഒന്നും സംഭവിക്കുന്നില്ല അതാണ് പരമാർത്ഥം സത്യം അതാണ് അനുഭവിക്കുന്നു അങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ തോന്നുന്നു അതുകൊണ്ട് പറയാൻ എന്താണ് കഥയചലി അത് ചലിക്കുന്നു എന്നും പറയാം ഒരേ സമയം ഇത് രണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിശ്ചനമായി ഇത് സ്ഥിതി ചെയ്യുന്നു അത് ചലിച്ചു കൊണ്ടിരിക്കുന്നു ഒരേ സമയം രണ്ട് സംഭവിക്കുന്നു ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവുമായതുകൊണ്ട് പരസ്പര വിരുദ്ധമായ രണ്ട് സത്യത്തിന് ഒരേ സമയം നനത് കണ്ടത്തില്ല പക്ഷെ സത്യത്തില് സത്യത്തിനെ ആശ്രയിച്ച് അസത്യത്തിന് തന്നെ നമുക്ക് നിശ്ചലമായ ആത്മാവ് അത് സത്യമാണ് അതിനെ ആശ്രയിച്ച് ചലനം അസത്യമായ ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വൈരുദ്ധ്യങ്ങളും ആത്മാവിൽ സമന്വയിക്കുന്നു സത്യമായിട്ടല്ല അസത്യമായിട്ട് അതുകൊണ്ട് നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആത്മാവ് നിർഗുണമാണെങ്കിൽ ഇത് പറയുന്ന ആരാണ് ആത്മാവ് ആനന്ദ സ്വരൂപനാണെങ്കിൽ പിന്നെ അവന് ആ വിശപ്പുന്താകുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ആരാണ് വേറെന്താ ചോദിക്കുന്നു ആത്മാവ് സത്യം അത് ഏകമാണ് എങ്കിൽ പിന്നെ ഇത് ആരോട് പറയുന്നു ജഗത്ത് പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണെങ്കിൽ പിന്നെ ആരാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ ബാലിസമായ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കെല്ലാം ആധാരവിധാണ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഏത് ചോദ്യങ്ങളുമാകാം ആത്മാവ് വിശപ്പും ദാഹവും ഇല്ലാത്തതാണെങ്കിലും അവരെ വിശപ്പ് വരാം ആത്മാവ് ഏകമാണെങ്കിലും ഗുരുവും ശിഷ്യനും വരാം അതൊരു ശാസ്ത്ര ഉപദേശവും വരാം അദ്വൈതമാണെങ്കിലും ഈ നടക്കുന്ന ഒരു കാര്യങ്ങളിലും അദ്വൈതത്തിന് വിരോധമുള്ള കാര്യങ്ങളല്ല എന്തുകൊണ്ട് വിരോധമില്ല ഇതെല്ലാം അസത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കാം അദ്വൈതമെന്ന് പറഞ്ഞാൽ അതിന് ഇത്ര അർത്ഥങ്ങൾ എന്താണ് ഇതൊന്നും സത്യമായി അതിൽ സംഭവിക്കാൻ പാടില്ല എന്ന് ഞാൻ അർത്ഥം അസത്യമായി എന്തും സംഭവിക്കാം അതിനുണ്ടോ മായ എന്ന് പറയുന്നു അതുകൊണ്ട് എന്തിനും വൈരുദ്ധ്യമില്ല വ്യാഘാത ദോഷം ഇവിടെ ഇല്ല ഞാൻ ഏകനാണ് പരിപൂർണനാണ് നിരവയവനാണ് സ്വയം ജ്യോതിസാണെന്ന് പറഞ്ഞിട്ട് എന്ന് എനിക്കിരുന്ന് പറയുന്നതിന് ദോഷമൊന്നുമുണ്ട് ഈ പറയുന്ന പ്രവൃത്തി ഞാൻ പറയുന്ന സത്യത്തിന് എതിരല്ല എന്തുകൊണ്ട് ഞാൻ പറയുന്ന സത്യത്തിൽ എന്താണതിനെ വെളിപ്പെടുത്തുന്നത് ആ സത്യം ഇതെല്ലാം അനുവദിച്ചിരിക്കുകയാണ് ആ സത്യം ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന സത്യമാണ് ഇതിനെല്ലാം എങ്ങനെ ഉൾക്കൊള്ളുന്നു സത്യമായിട്ടല്ല അതിനെല്ലാം നമുക്ക് പറയുന്ന വിധ്യയായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് അദ്വൈതം പറയുമ്പോൾ അവിടെ പ്രപഞ്ചമില്ലാത്തതാണെങ്കിൽ പിന്നെ ആരാർക്ക് ഉപദേശിക്കുന്നു ഗുരു എവിടെ ശിഷ്യൻ എവിടെ ശാസ്ത്രം എവിടെ ആരാരോട് പറയുന്നു ഇത്തരം ചോദ്യങ്ങൾ പ്രസക്തിയുണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഒരു സമാധാനം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളല്ല ഇതെല്ലാം ആകാം എന്നാണ് അതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത അസത്യമായിട്ട് ഇതെല്ലാം ആകാം സത്യമായിട്ട് ഇതൊന്നും നനകുന്നില്ല അപ്പൊ ഗുരുവും ശിഷ്യനും ശാസ്ത്രോപദേശവും ബന്ധുവും മോക്ഷവും എല്ലാം കൂടെ നനങ്ങുന്നു അതാണ് ഇവ ശബ്ദം കൊണ്ട് പറയുന്നത് ചരതി ഇവ എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പ്രയാ വൈഷമ്യമുള്ള ഒരു ചോദ്യവും ഇല്ല ഇതിന് അടിസ്ഥാനപരമായി ഒരു അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അസത്യമായി പരമാർത്ഥത്തിലല്ലാതെ ഇവിടെ എന്ത് സംഭവിക്കാം യോജിപ്പിക്കാൻ വയ്യാത്തതിനെല്ലാം യോജിപ്പിക്കുന്ന ശക്തി വിശേഷം മായാശക്തി അതുകൊണ്ട് എന്തുവിടെ സംഭവിക്കാം എന്നുള്ളത് അദ്വൈതത്തിന്റെ തന്നെ സിദ്ധാന്തമാണ് അതുകൊണ്ട് അദ്വൈതത്തിൽ യാതൊരു വൈഷമ്യവുമില്ല ഈ പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നതിനോ ഈ പ്രപഞ്ച വ്യവഹാരങ്ങൾക്കോ അദ്വൈത സിദ്ധാന്തത്തിൽ അതിനെ അദ്വൈത സിദ്ധാന്തമായിട്ട് പൊരുത്തപ്പെടുത്തുന്നതിന് യാതൊരു വൈഷമ്യവുമില്ല അതുകൊണ്ട് തന്നെ അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ച വ്യവഹാരത്തിൽ യാതൊരു വൈഷമ്യവുമില്ല ഇതെല്ലാം സത്യം എന്ന് പറയുന്നിടത്ത് പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ അനുഭവിക്കേണ്ടി വരും പക്ഷെ ഇതൊന്നും പരമാർത്ഥത്തിന് നിലനിർത്താത്താണ് എന്നറിയുന്ന ഒരുവിനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച വ്യവഹാരമെന്ന് പറയുന്നു അതുപോലെ അനായാസം എന്തുകൊണ്ട് ദ്വന്ദ്വാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സത്യമെന്ന് തോന്നുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന എല്ലാ വൈഷമ്യങ്ങളും എല്ലാം ഇത് സത്യമല്ലാന്ന് തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായിരിക്കും നിസാരമായിരിക്കും എത്ര ഭീകരമായി നമ്മൾ കരുതുന്ന കാര്യങ്ങൾ ജനകമഹാരാജാവ് പറഞ്ഞത് മിഥിലായം പ്രദീപ്തായം നമേ കിഞ്ചന മ്മളത് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീകരമായി നമുക്ക് സങ്കല്പിക്കാൻ പ്രയാസമായി തോന്നുന്നതെല്ലാം പെട്ടെന്ന് നല്ല ഹൈഡ്രോജൻ പമ്പോ അണുബ് ഒക്കെ പൊട്ടി തകർന്നു നശിച്ച് കത്തി ചാമ്പലായി പോകുന്നതാണ് ജനക മഹാരാജാവ് പറയുന്ന എന്താണ് ഈ മിഥിലാനഗരം തന്റെ സാമ്രാജ്യം മുഴുവൻ വിശേഷം കത്തി നശിച്ചു പോയാലും എന്റേതായിട്ടുള്ളതൊന്നും ഇവിടെ നശിക്കുന്നില്ല എന്നാണ് എന്റേതായ ഒന്നും നസിക്കുന്നില്ലെന്നാണ് അപ്പോ എത്ര ഭീകരവാദവും ഇവിടെ തുച്ഛമാണ് ഒന്നും അവിടെ നിലനിൽക്കുന്നില്ല അപ്പോൾ ആ അനായാസത അതാണ് ഈ ബോധം ഒരു ജീവന് കൊടുക്കുന്ന ഒരു സിദ്ധിവിശേഷം എന്ന് പറയുന്നത് പ്രപഞ്ച വ്യവഹാരത്തിൽ വരുന്ന ലഘുത്വം ശാസ്ത്രജ്ഞ പറയുന്നത് തുച്ഛതാണ് നമ്മൾ ഭീകരമായി വർണ്ണിക്കുന്ന ഈ സംസാരസാഗരം ജനനം ജീവിതം മരണം സുഖം ദുഃഖം ഇതെല്ലാം ഒരു അദ്വൈത ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാഗരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പശുവിന്റെ കുളംപടിയിലെ ജലത്തെയാണ് പശു നടന്നു പോകുമ്പോൾ അതിന്റെ കുളം പടി പതിയും കാൽപ്പാട് അതിന് മഴ വെള്ളം കിട്ടിയിരിക്കുന്നു അപ്പൊ അതിനൊരാൾ സാഗരം എന്ന് വിശേഷിപ്പിച്ച അങ്ങനെയിരിക്കും ചിലപ്പോൾ ഉറുമ്പുകൾക്ക് അത് സാഗരം എന്ന് പോകും പക്ഷെ ഒരു മനുഷ്യന് സാമാന്യ ബുദ്ധിയുള്ളവരാളൊരിക്കലും അതിനെ സാഗരം എന്ന് വിശേഷിപ്പിക്കുന്നത് അതുപോലെ സാഗരം ഭീകരം എന്നെല്ലാം പറഞ്ഞ് വർണ്ണിക്കുന്ന ഈ സംസാരം അതുപോലെ തുച്ഛമെന്നാണ് വാസിഷ്ഠത്തി പറയുന്നത് വാസിഷ്ഠ മഹർഷി പറയുന്നു എന്തുകൊണ്ട് ഇതെന്നും ഈ പറയുന്ന നമ്മൾ കാണുന്ന വൈഷമ്യങ്ങൾ എന്നെല്ലാം നമ്മൾ കല്പിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും ഒരു അദ്വൈത ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നങ്ങളേ അല്ല വളരെ തുച്ഛം നിസ്സാരമായ കാര്യങ്ങളാണ് ചിന്താർഹം കൂടിയല്ല ചിന്തിക്കുന്നവനെ അത് ചിന്താർഹമാകുന്നു പക്ഷെ നിശ്ചലമായ ആത്മതത്വത്തെക്കുറിച്ച് ബോധമുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചിന്താർഹമായ ഒരു കാര്യമേ അല്ല അതുകൊണ്ട് തന്നെ ആ ബോധത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഇത് തന്നെ അനായാസത നിസ്സാരത അതാണ് ഈ അദ്വൈത ബോധത്തിന്റെ ഫലം അതെന്തുകൊണ്ട് സംഭവിക്കുന്നു കാരണം ഈ കാണുന്ന സർവവും ഇതിന് സമാധാനമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് ചലതിരിവ ഇത് ചലിക്കുന്നത് പോലെ വാസ്തവത്തിൽ ഒന്നും സംഭവിക്കുന്നുണ്ട് അതൊന്ന് നമ്മൾ സാധാരണ ധരിക്കുന്ന തരത്തിൽ പ്രാഥമികമായ ചില ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ അദ്വൈതിയാണെങ്കിൽ നിങ്ങൾക്ക് വിശപ്പില്ലേ ദാഹമില്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു അപ്പൊ പിന്നെ ഇവിടെ നിങ്ങളുടെ അദ്വൈതം എവിടെ പോയി അദ്വൈതം വന്നില്ലേ എന്നൊക്കെ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പതിനെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു ഞാൻ അദ്വൈതിയാണ് പക്ഷെ എനിക്ക് വിശപ്പ് വരും ഭക്ഷണം കഴിക്കും സന്തോഷം വരും ദേഷ്യം വരും എല്ലാം വരും പക്ഷെ ഇതെല്ലാം എന്താണോ ഈ പറയുന്ന പോലെ ചിലതീവ ഇന്ന് സത്യമല്ല ഇതെല്ലാം അസത്യമാണ് അതുകൊണ്ടത് സംഭവിക്കുന്നു എന്ന പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല ഇതാണ് ഇതിനെല്ലാം സംബന്ധിച്ചുള്ള അദ്വൈതയുടെ നിലപാട് നമ്മുടെ അദ്വൈത സിദ്ധാന്തം ഇതിന് ഇത്തരത്തിലാണ് അതുകൊണ്ട് യാതൊരു നമ്മൾ കരുതുന്ന തരത്തിലുള്ള വൈഷമ്യങ്ങളോ പ്രഹീളകളോ പ്രശ്നങ്ങളോ പരിഹരിക്കാൻ ഈ ബോധം ഒരാൾക്ക് അവന്റെ ഉള്ളിൽ ഇത് തറക്കുകയാണെങ്കിൽ അല്ലാതെ നമ്മൾ അത് ശാസ്ത്രങ്ങൾ പഠിക്കുന്നു ഈ കാര്യം നമ്മൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വീണ്ടും ഇത്തരം പ്രഹേളികളൊക്കെ നമ്മളൊന്നേ അത്തരക്കാരെ ഗ്രന്ഥം വിഴുങ്ങികളെന്ന് പറയും അപ്പൊ അത് വേറെ വിഷയം ഗ്രന്ഥം വിഴുങ്ങി ഇതിന്റെ ആശയം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം ഏത് പ്രശ്നത്തിനും സമാനമാണ് കിഞ്ച അത് തന്നെ വിശദീകരിക്കുകയാണ് ഇതെല്ലാം ഇവിടെ ഉള്ളത് തന്നെ ഒന്നിനെയും നമ്മൾ നിഷേധിക്കുന്നില്ല നിഷേധിക്കുന്നുണ്ടെങ്കിലോ പാടെ നിഷേധിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തെ നിഷേധിക്കുകയാണ് ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട് പക്ഷെ സത്യമായിട്ടല്ല എന്ന് പറയുമ്പോ എന്റെ അടിസ്ഥാനത്തെ നിഷേധിക്കണം നമ്മൾ ഒരു മരത്തിന്റെ ശാഖകൾ മുറിച്ച് മാറ്റിക്കൊണ്ടിരുന്ന വീണ്ടും പൊടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വേരോടെ പിഴുകയാണ് ഇവിടെ അദ്വൈതൃ നിഷേധിക്കുന്നത് അങ്ങനെയാണ് ഒന്നിനെയും അടുത്ത് നിഷേധിക്കുക മറിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കുകയാണ് സത്യത്തിന് നിലനിൽക്കുന്നത് എന്നതെല്ലാം നിലനിൽക്കുന്നുണ്ട് അതാണ് അദ്വൈതത്തിന്റെ മുഖ്യമായ സത് എല്ലാം നിലനിൽക്കുന്നുണ്ട് എല്ലാത്തിനെയും അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും പരമാർത്ഥത്തിൽ അതുകൊണ്ട് അദ്വൈതത്തിൽ അതിന് പറയുന്ന ഭാഷയാണ് വ്യാവഹാരിക സത്ത എന്ന് പറയുന്നത് നമുക്ക് യുക്തിയുക്തമായി മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നതാണ് വ്യാവഹാരിക സത്ത അത് തന്നെയാണ് ഇവിടെ വീണ്ടും വിശദീകരിക്കുന്നത് കിഞ്ച ൂരെ അടുത്ത മന്ത്രത്തിലാണ് അതിനെ അതിന്റെ പ്രതീകമാണ് അതിനെ വ്യാഖ്യാനിക്കുകയാണ് വർഷ കോടി ശതങ്ങൾ എന്നുവെച്ചാൽ അനന്തമായ കാലം ആയാലും ശരി ഒരു ജീവന് ജന്മ ജന്മാന്തരങ്ങളിലൂടെ ഇതിനെ അന്വേഷിച്ചു കിടന്നാലും അവിദുഷ ഈ പറയുന്ന വിവേകമില്ലാത്തവന് അപ്രാപ്യത്വ്യമായിരിക്കുന്നു അജ്ഞൻ ഇത് അപ്രാപ്യമായി തന്നെയിരിക്കുന്നു ആത്മത്വം അതുകൊണ്ട് ദൂര ദൂര എന്നതുപോലെ അനുഭവപ്പെടുന്നു അന്വേഷിക്കുന്നവരും ഇതാകുന്നതെന്ന് പോകുന്നു തന്റെ സ്വരൂപത്തെ തന്നെ ഒരുവൻ അന്വേഷിച്ചിട്ട് അതിനെ സ്വയം മറയ്ക്കുന്നു അതിനകത്തി കളയുന്നു സ്വത അത് സ്വതപ്രാപ്തമാണ് ആത്മാവിനെ കുറിച്ച് പറയുന്ന സ്വയം പ്രകാശിക്കുന്നത് പക്ഷെ ജീവൻ എന്ത് ചെയ്യുന്നു അവന്റെ പരിശ്രമത്തിലൂടെ അവന് മറച്ചു ഇതിനെ കണ്ടെത്താനുള്ള ഓരോ പരിശ്രമങ്ങളും എന്ത് ചെയ്യുന്നു ഇതിനെ മറച്ചു കളയും അതിനോട് ത്വത്തെ സാക്ഷാത്കരിക്കുന്നതിന് അതിന്റെ ശരിയായ ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കുന്നു ആ എല്ലാ മാർഗങ്ങളും ഇതിനെ ശരിക്കും മറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതിനാണ് മായ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവിദ്വാണ് അവിദ്വാൻമാർക്ക് അപ്രാപ്യത്വ ഇതിനെ പ്രാപിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ദൂര ഇവ ഇത് ദൂരെ പോലെ തോന്നുന്നു ദൂരല്ല ഇത് പക്ഷെ ദൂരം എന്നതുപോലെ തോന്നുന്നു പിന്നെ അത് എവിടെ പറയുന്നു തത് ഉ അന്തിക അതാണ് ഏറ്റവും അടുത്തുള്ളത് തത് ഉന്തികേ തത് ഉന്തിക എന്നതുകൊണ്ട് പറയുന്നത് തത് ഉ അന്തിക വിച്ഛേദന്തിക തത് ഊ അന്തിക എന്ന് പദച്ഛേദം ചെയ്യണം അവിടെ സന്ധി വന്നിരിക്കണം തദ്വന്തികേ ഉപകാരത്തിനുപകാരമുണ്ട് അത്യന്തമേവ വിദുഷാം ആത്മത്വ നം ദൂരെ അന്തികച്ച അവിടെ തതു ഊ എന്ന് പറയുന്ന ഒരു നിപാതം കൂടി അവിടെ ഉപയോഗിച്ചു തത് തദ് അന്തിക എന്ന് പറയുന്നതിന് പകരം ഊ എന്നുള്ള നിപാതം എന്തുകൊണ്ട് അവിടെ ഉപയോഗിച്ചു അന്ന് പറയുന്നുകെ സമീപേ അന്തികൊന്നിച്ച സമീപം അത്യന്തമേവ വിദുഷൺ അപ്പൊ അത്യന്തമായ സമീപം ഒന്ന് കാണിക്കാൻ പറ്റാണ് ഈ പ്രപഞ്ചത്തിലുള്ള സ്ഥൂലമോ സൂക്ഷ്മവുമായ എല്ലാ പദാർത്ഥങ്ങളും ഒന്നിനും നമ്മുടെ അടുത്തായിരിക്കും അകലെയായിരിക്കും ഇത് അടുത്തെന്നോ അകലെയെന്നോ പറയാൻ പറ്റില്ല ഇത് അത്യന്തം അടുത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് വിദുഷാൻ ആത്മത്വ വിദുഷാൻ വിദ്വാൻമാർക്ക് ഇതെന്താണ് താൻ തന്നെയാണിത് അതുകൊണ്ട് തന്നെ കേവലം ദൂരെ അന്തിക മറ്റ് വസ്തുക്കളെക്കുറിച്ച് പറയുന്നത് പോലെ ഇത് ദൂരെയാണെന്നോ അന്തികയാണെന്നോ സമീപമാണെന്നോ പറയാൻ പറ്റില്ല എന്തുകൊണ്ടിത് താൻ തന്നെയാണ് വിദ്ഷാത്മത്വ വിദ്വാന്റെ സ്വരൂപം തന്നെയാണ് മനസ്സിലാക്കുന്നത് താൻ തന്നെയാണ് താൻ തന്നെയാണ് തന്നെ അന്വേഷിക്കുന്നത് താൻ തന്നെയാണ് തന്നെ കണ്ടെത്തുന്നത് അന്വേഷിക്കുന്നവനും കണ്ടെത്തേണ്ട വസ്തു തന്നെ ഇവിടെ അന്വേഷകൻ തന്നെയാണ് പ്രാപ്യമായും വിളിക്കുന്നു കണ്ടെത്തേണ്ട വസ്തുവായും ഇരിക്കുന്നു അത് ഒന്നു തന്നെ അത് പറയാൻ വേണ്ടിട്ടാണ് തത് പൂ അന്തിക എന്ന് പറഞ്ഞത് തന്റെ സ്വരൂപം തന്നെയാണ് അസ്മിയത് ദൂരം ആണെന്ന് തോന്നുന്നു അജ്ഞാനികൾക്ക് അതിന് വേറെ ഭാഷയെക്കുറയും എന്താണ് താൻ നിത്യമുക്തനാണ് തനിക്ക് ബന്ധനമേ സംഭവിച്ചിട്ടില്ല എങ്കിലും മോക്ഷത്തിന് വേണ്ടി പരിശ്രമിച്ചു മോക്ഷത്തെ അന്വേഷിക്കുന്നു താൻ സ്വയം പ്രകാശിക്കുന്നവനാണ് എന്നാലും സാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നു സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് സാക്ഷാത്കാരത്തിന്റെ ആവശ്യം മറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത് പ്രത്യക്ഷമായി അറിയേണ്ടത് ദൂരെ ഇരിക്കുന്നതാകാം മറഞ്ഞിരിക്കുന്നതാകാം ചെറുതാകാം ഏറ്റവും വലുതാകാം ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ സാക്ഷാത്കരിക്കാൻ പ്രത്യക്ഷമായി അറിയാൻ ശ്രമിക്കും സാക്ഷാത്കരിക്കാന്ന് വെച്ചാൽ പ്രത്യക്ഷമായി അറിയുക ആത്മവസ്തുവിനെ അങ്ങനെ സാക്ഷാത്കരിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്തുകൊണ്ട് സാക്ഷാത് സ്വയം പ്രകാശിക്കുന്നതാണ് അതിനെ അതിനെങ്ങനെ സാക്ഷാത്കരിക്കും സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതിന് മറ്റൊന്നുകൊണ്ടും അറിയാൻ കഴിയാത്ത ഒന്നിനെ സാക്ഷാത്കരിക്കാൻ പറ്റും അത് സാധ്യമല്ല വിദുഷാം ആത്മത്വാ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് തന്റെ സ്വരൂപമാണ് അഭ്യന്തരേ അന്തരണം അന്തര അന്ത എന്നാണ് ഇത് സർവത്തിന്റെയും ഉള്ളിലിരിക്കുന്നു അന്തരസ്യന്തരെ അഭ്യന്തര അസ്യർവസ്യ അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു തന്റെ മാത്രം ഉള്ളിലിരിക്കുകയാണ് ഇതി ശ്രുതേഹി ബൃഹദാരനെ ശ്രദ്ധിക്കും ജഗതൂപക്രിയാത്മകത വ്യാപക നിർദ്ദേശീയ സൂക്ഷ്മ അന്ത അന്തരേ അ ഈ സമ്പൂർണ്ണ ജഗത്തിന്റെയും ജഗത്ത് എന്ന് പറയുമ്പോൾ ാമം രൂപം രൂപത്തിലുള്ള ജഗത്തിന്റെ തത് ഉന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നു അപി സർവ അടുത്ത് വീണ്ടും പറയുന്നു തത് അന്തരെ അസ്യ സർവസ്യ എന്ന് പറഞ്ഞിട്ട് പറയുന്നു തത് ഉ അസ്യ സർവസ്യ സർവസ്യൂർണ്ണ ജഗത്തിന്റെയും ബാഹ്യതാണ് അപ്പൊ തത് അസ്യ സർവസ്യ തത് അന്തരെ ഈ സമ്പൂർണ്ണ ജഗത്തിന്റെയും ഉള്ളിലാണ് അസ്യസർവസ്യ ജഗത ഈ സമ്പൂർണ്ണ ജഗത്തിന്റെയും ബാഹ്യത പുറമെയുമാണ് എന്ന് പറഞ്ഞു ഉള്ളിലുമാണ് പുറമേ ആണെന്ന് എന്തുകൊണ്ട് പറയുന്നു പറയുന്നത് വ്യാപകത്വ ആകാശവത് നിരദിശയ സുഷ്മ ബാഹ്യതെന്തുകൊണ്ട് പറഞ്ഞു വ്യാപകത്വ ഇത് സർവവ്യാപിയായിരിക്കുന്നതിന് ഇത് പുറമേന്ന് പറഞ്ഞു അന്ധാന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഉള്ളിലാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു ആകാശവും നിരദിശയ വ്യാപകത്വ ആകാശവും ആകാശത്തെ പോലെ അത് വ്യാപകമായിരിക്കുന്നു വ്യാപകത്വാ ആകാശം ആകാശത്തെ പോലെ അത് വ്യാപകമായിരിക്കുന്നത് തന്നെ നിരതിശയ സൂക്ഷ്മത്വന്ത അത്യധികം സൂക്ഷ്മമായിരിക്കുന്നോണ്ട് അതിനെ അന്ത എന്നും പറഞ്ഞു ഉള്ളിലെന്നും പറഞ്ഞു അപ്പൊ അതിന്റെ രണ്ട് സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞാണ് അത് സർവത്തിന്റെയും ഉള്ളിലെന്ന് പറഞ്ഞെന്തുകൊണ്ട് അത് സൂക്ഷ്മമായതുകൊണ്ട് സർവത്തിന്റെയും പുറത്തെന്ന് എന്തുകൊണ്ട് പറഞ്ഞു അത് വ്യാപകമായതുകൊണ്ട് അതാണ് രണ്ട് പ്രത്യേകതകൾ അത് സൂക്ഷ്മമായിരിക്കുന്നു സൂക്ഷ്മമായിരുന്നുകൊണ്ട് സർവത്തിന്റെയും ഉള്ളിലിരിക്കുന്നു അത് വ്യാപകമായിരുന്നു കൊണ്ട് സർവത്തിനും പുറത്തു ഇരിക്കുന്നു അത് തന്നെ ഒന്നുകൂടി വിശദമാകുന്നു പ്രജ്ഞാനഘന ഏവ അത് പ്രജ്ഞാനസ്വരൂപമാണ് പ്രജ്ഞാന ഘനം എന്ന് പറഞ്ഞാൽ ഏകരസം ഏകസ്വഭാവം പ്രജ്ഞാനമാകുന്ന ഏകസ്വഭാവത്തോടു കൂടി ഇതാണ് അങ്ങനെ രൂപാന്തരങ്ങളില്ല ഭാവാന്തരങ്ങളില്ല പ്രജ്ഞാനസ്വരൂപമാണ് ഒരേ രൂപത്തിലിരിക്കുന്നു എന്ന് ഉപദേശിച്ചിരിക്കുന്നു ശ്രുതി തന്നെ ബൃഹദാരണ്യത്തിൽ പ്രജ്ഞാന ഖനയുന്നു നിരന്തരം നിരന്തരം ഏക സ്വഭാവത്തോടുകൂടിയ ഒരേ തരത്തിൽ തന്നെ ഇരിക്കുന്നു അതിൽ പല രൂപങ്ങളില്ല പല രൂപങ്ങൾ അതിൽ കാണുന്നുണ്ട് അതാ സത്യത്തെ അത് ഏകരൂപം പ്രജ്ഞാന രൂപത്തിലിരിക്കുന്നു കേവല ബോധസ്വരൂപത്തിലിരിക്കുന്നു കേവല അറിവായിട്ട് അതിരിക്കുന്നു അതാണ് എന്റെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെ അത് ഉള്ളിലും പുറമേയും ഇരിക്കുന്നു വ്യാപകമായി പുറമേയും സൂക്ഷ്മമായി ഉള്ളിലും ഇരിക്കുന്നു എന്നിങ്ങനെ ആത്മതത്വത്തെ അതിനെ ആത്മനിഷ്ഠമായി തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രുതി ആവർത്തിച്ചു പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതെല്ലാം അന്തർമുഖമായി അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപദേശിക്കുന്ന തന്റെ തന്നെ ഇവിടെ വിശദീകരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നീ പറഞ്ഞിരിക്കുന്നത് ആ മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറയാം തത് ആത്മതത്വം പരമാർത്ഥത്തിൽ ചലിക്കുന്നില്ല തത് ആത്മതത്വം ആദ്യത്തെ ചലിക്കുന്നു ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ ചലിക്കുന്നില്ല ആത്മതത്വം അജ്ഞാനികൾക്ക് അത് ദൂരെയാണ് തത് ഊാനികൾക്ക് ആത്മതത്വം അന്തിക സ്വരൂപം തന്നെയാണ് തത് ആത്മതത്വം അസ്യ സർവസ്യ ഈ സമ്പൂർണ്ണ ജഗത്തിന്റെയും അന്തരേ ഉള്ളിലാണ് അത് അത്യധികം സൂക്ഷ്മമായതുകൊണ്ട് അത് അസ്യസർവസ്യ ഈ സമ്പൂർണ്ണ ജഗത്തിന്റെയും ബാഹ്യത അത് സർവവ്യാപകമായതുകൊണ്ട് പുറമേയുമാണ് എന്നാൽ അത് ഏകരൂപത്തിൽ ഒരു വസ്തു ഉള്ളിലും പുറമേ ഉണ്ടെന്ന് പറയുമ്പോൾ ഏക സ്വഭാവത്തിൽ സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു അങ്ങനെ ഏക സ്വഭാവത്തിൽ സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നത് തന്റെ തന്നെ വാസ്തവ സ്വരൂപമാണ് അഞ്ചാമത്തെ മന്ത്രത്തിന്റെ താല്പര്യം അതിനെന്തെങ്കിലും സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ അടുത്ത മന്ത്രത്തിലേക്ക് പോകാം യസ്തു സർവാണി ഭൂതാനി ആത്മനേവ അനുപശ്യതിർഗുപ്സത്തെ ഇവിടെ ഓരോ മന്ത്രത്തിലായിട്ട് ഓരോന്ന് ക്രമമായി പറഞ്ഞു വരികയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അധ്യാരൂപ അപവാദ യുക്തികളിലൂടെ ആത്മസ്വരൂപത്തെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ് ഈശാവാസം ഇതം സർവത് പരമാത്മസ്വരൂപമായിട്ട് ആത്മാവിനെ ബോധിപ്പിച്ചു കുറവൻ കർമാണി ഞാൻ കർമാധികാരിയാണ് കർമാധികാരിത്വ കർമാധികാരിയായിരിക്കുന്നതും ഈ ആത്മവസ്തു തന്നെ എന്നെ ബോധിച്ചു അസുരിയാ എന്നാണ് അജ്ഞാന വിഷയമായിരിക്കുന്നതും ആത്മാവ് തന്നെയാണ് ബോധിപ്പിച്ചു അജ്ഞാനത്തിന്റെ വിഷയമായിരിക്കുന്നതും ഇങ്ങനെ ഓരോ മന്ത്രങ്ങളിലൂടെ ആത്മാവിനെ വിവിധ തരത്തിൽ ബോധിപ്പിക്കുകയാണ് പിന്നെ അതിന്റെ നിരുപാധിക സ്വാഭാവിക ഭാവങ്ങളെ ബോധിപ്പിച്ചു ഇവിടെ പറയുന്നത് എന്താണ് അതിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു ഇങ്ങനൊരു ബോധം ഉണ്ടാകുന്നതിന്റെ ഫലത്തെ പറയുന്ന യസ് യൂത്ത ആത്മനിശ്യത്തിഭൂതേഷ േവാനുപ്യുത്മാന തസത്തെ പദം ആദ്യ പദ യ ഏതൊരുവനാണോ പരിഭ്രാക്ഷ് പരിവ്രാജകനായ മ്മുഷു മമു പറയുമ്പോ ഇവിടെ ഈ ജന്മം അവസാനിപ്പിക്കാൻ നിശ്ചയിച്ചവനാണ് ത്യാഗത്തിലൂടെ ആത്മാവിനെ രക്ഷിക്കുന്നവനാണ് അങ്ങനെയുള്ള പരിബ്രാഡ് മുമ്മുക്ഷും അവിടെ പരിഭ്രാട്ട് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകം പറയുന്നത് ഗൃഹസ്ഥനന്താ സന്യാസിത്മബോധം ഈശ്വരബോധമുള്ളവൻ പിന്നെ ഈ മുമ്മൂക്ഷന്തിനു പറയുന്നു സ്ഥാനം ഈ ശരീരത്തിന്റേതായ ബന്ധനം നിലനിൽക്കുന്നു പ്രാരംഭം അവശേഷിക്കുന്നു ഇതിൽ നിന്നും ഇനി മോചിക്കണം ഈസാനിപ്പിക്കുന്നു അങ്ങനെയുള്ള മുമ്പവും എന്തു ചെയ്യുന്നു സർവാണിഭൂതാനിഭൂതാനി സർവാണിഭൂതാനി അതിന്റെ പ്രതീകമാണ് വ്യാഖ്യാനിക്കുന്നു അവ്യക്താദീനി സ്ഥാപനാന്താനി അതാണ് സർവഭൂതങ്ങൾ അവ്യക്തം തുടങ്ങി സ്ഥാപനം വരെയുള്ളവ സ്ഥാപനം ഭക്ഷലതാദികൾ വരെയുള്ളവ എല്ലാത്തിനെയും ചെയ്യുന്നു ആത്മനി ആത്മനിൽ ആത്മാവെന്ന് ചേർത്താൽ ആത്മനി തന്നിൽ തന്നിൽ തന്നെ അനുപശ്യതി നിരന്തരം പശ്യതി സർവത്തെയും തന്നിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ഭാരമുള്ള ഒരു വിദ്യ അതിന്റെ പ്രയോജനം എന്താണെന്ന് പറയും ഇത്രയും ക്ലിഷ്ടമായി ഇതിനെ നേടിയിട്ടെന്താ പ്രയോജനം അത് പറയുന്നു ഏതൊരുവനാണോ ഇങ്ങനെ പരിപ്രാജകനായ മുമുക്ഷുവായിരിക്കുന്നവൻ അവനെന്ത് ചെയ്യുന്നു തന്നിൽ തന്നെ സർവ അവ്യക്തം മുതൽ സ്ഥാപനം വരെയുള്ള സർവ്വ ജഗത്തനെയും തന്നിൽ കാണുന്നു ഒന്നുകൂടി വിശദീകരിക്കുന്നു അനുപശ്യ ആത്മവ്യതിരിതീപ് ആത്മവ്യതിരിതമായി തന്നിൽ നിന്ന് വ്യതിരിക്തമായി കാണുന്ന ഒന്നിനെയും കാണുന്നു സർവത്തെയും താനായിട്ട് തന്നെ കാണുന്നു എന്നർത്ഥം അതന്യ രീതിയിൽ പറഞ്ഞിട്ട് വ്യതിരേക രീതിയിൽ പറയണെങ്ങനെയാണ് സർവഭൂതേഷ് आत्मानं न अूता स्व आत्म यहा देकर सात आत्माक्षीभूत कवलो निर्गुणो अनेक्कादीना स्थावरा अहमे आत्मे അതിനെ വ്യാഖ്യാനിക്കണം അനുപ്യതിന് ഒരാളിനെ വ്യാഖ്യാനിക്കണം മുമ്പിൽ നിന്ന് അനുപശതി എന്നുള്ള ചേർക്കണം ആത്മാനം അതിനെയാണ് ഇവിടെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണോ സർവഭൂതങ്ങളിലും തന്നെ കാണുന്നത് അതുപോലെ സർവപ്രാണികളിലും അവയിൽ തന്നെ ആത്മാനം തന്നെ വിശദീകരിക്കുന്നു തേഷമപഭി ഭൂതാനം ആ സർവഭൂതങ്ങളുടെയും സ്വം ആത്മാവായി തന്നെ കാണുന്നു ആത്മാനം ആ സർവഭൂതങ്ങളുടെയും ആത്മാവായിട്ട് തന്നെ കാണുന്നു ആത്മത്വനം തന്നെ തന്നെ അതിന്റെ ആത്മാവായി കാണുന്നു തന്നിൽ അവയെ കാണുന്നു പിന്നെ അവയിൽ ആത്മാവായി തന്നെ കാണുന്നു അതെങ്ങനെ വിശദീകരിക്കുന്നു യഥാ എപ്രകാരമാണോ അസ്യദേഹസ് ഈ ദേഹത്തിന്റെ െ വിശദീകരിക്കേണ്ടടുത്ത് കാര്യകരണ സംഘാതസ്യ ശരീര ഇന്ദ്രിയ സംഘാതമായിരിക്കുന്ന ഈ ദേഹത്തിന്റെ ആത്മാഅ അഹം താൻ സ്വരൂപമായിരിക്കുന്നു ആത്മാവായിരിക്കുന്നു ഈ ശരീരത്തിന്റെ ആത്മാവായിരിക്കുന്നത് ഈ ശരീരത്തിന്റെ ആധാരമായിരിക്കുന്നത് എങ്ങനെയാണോ താൻ ആധാരമായിരിക്കുന്നത് അതെങ്ങനെ ശരീരത്തിന് ആധാരമായി തന്നിരിക്കുന്ന അത് വിശദീകരിക്കുന്ന ഒന്നുകൂടി സർവപ്രത്യ സാക്ഷിഭൂത സർവപ്രത്യങ്ങളുടെയും പ്രത്യയം അറിവ് തന്റെ ഉള്ളിൽ സദാ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ അറിവുകളുടെയും സാക്ഷിയായിരിക്കുന്നു താൻ എന്നുവെച്ചാൽ ആ സർവ അറിവുകളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനായിരിക്കുന്നു താൻ സാക്ഷിയായിരിക്കുക അതിനെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ പ്രത്യയം അന്ധകരണവൃത്തി എന്നും പറയാം എന്റെ ഉള്ളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകരണവൃത്തികളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അതാണ് സർവപ്രത്യ സാക്ഷിഭൂത ഒന്നുകൂടി വിശദീകരിച്ചെന്താണ് ചേതയിത അന്ധകർണമെന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമാണ് ഭൂതകാര്യമാണ് അത് ജഡമാണ് അതിന് അതിന് ചൈതന്യം പകർന്നു കൊടുക്കുന്നവൻ എന്നാണ് ആത്മാവ് അന്ധകർണവൃത്തികളെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മാവ് ഈ അന്ധകർണവൃത്തികൾക്ക് ചൈതന്യം പകർന്നു കൊടുക്കുന്നു താല്പര്യം അതിനറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ചൈതന്യം പകരുക എന്നാണ് അതിനെ സംബന്ധിച്ച് മാത്രമല്ല എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വസ്തുവിലേക്ക് നമ്മൾ ചൈതന്യത്തെ പകരുന്നു എന്നാണ് അതാണ് നമ്മൾ ഒരു വസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്ന അതാണ് അതായത് ആ വസ്തുവിനെ ആ വസ്തുവിനെ നമ്മൾ ചൈതന്യവത്താക്കുകയാണ് സ്വതേഘടമായിരിക്കുന്ന വസ്തുക്കളെ നമ്മൾ ചൈതന്യവത്താക്കുന്നതാണ് ആ വസ്തുവിനെ നമ്മൾ അറിയുന്നത് അതങ്ങനെ അറിയുക എന്ന് കഴിഞ്ഞാൽ അറിവ് ഒരു പദാർത്ഥത്തെ ഉൾക്കൊള്ളുകയാണ് സംഭവിക്കുന്നു അതാണ് സംഭവം ഇപ്പൊ ഒരു വസ്തു പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നു ജഡമായ പ്രകാശം ആ വസ്തുവിനെ പൊതിയുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറയുന്നു ആ വസ്തു പ്രകാശിക്കുന്നു ഇരട്ടിത്തിരിക്കുന്ന വസ്തുവിന്റെ നമ്മൾ ടോർച്ചടിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നു ആ വസ്തുവിന്റെ പ്രകാശം പൊതിയും ഇത് തന്നെയാണ് ഒരു വസ്തുവിനെ അറിയുമ്പോഴും സംഭവിക്കുന്നത് ഒരു വസ്തുവിനെ അറിയുമ്പോൾ എന്ത് ചെയ്യുന്നു ചൈതന്യം ആ വസ്തുവിനെ പൊതിയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്റെ സ്വരൂപമായിരിക്കുന്ന ആ ചൈതന്യവും ബാഹ്യമായി സ്ഥിതി ചെയ്യുന്ന ജഡവസ്തുവും തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കുന്നു ഉള്ളിലിരിക്കുന്ന ചൈതന്യവും ബാഹ്യമായിരിക്കുന്ന ജഡവും തമ്മിൽ ഉള്ള ബന്ധം എന്ന് പറയുന്നത് ുള്ളിലിരിക്കുന്ന ചൈതന്യത്തിന്റെ പ്രസരണമാണ് ആ വസ്തുവിലേക്കുള്ള പ്രസാരണമാണ് അതിനൊരു മാധ്യമമായി നിൽക്കുന്നതാണ് നമ്മുടെ അന്ധകരണമെന്ന് പറയുന്നത് അപ്പോൾ ആ വസ്തുവിനേക്ക് ചൈതന്യം പ്രസരിക്കുമ്പോൾ നമ്മൾ പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ആ വസ്തുവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുമെന്ന് നമ്മൾ പറയുന്നു ആ വസ്തുവിനെ അറിയുന്നു എന്ന് പറയും അപ്പോ ചേതയിതാ എന്ന ആത്മാവിനെ കുറിച്ച് പറയുന്നു എന്തുകൊണ്ട് അത് പ്രകാശിപ്പിക്കുന്നു എന്നെന്തുകൊണ്ട് പറയുന്നു സർവ ജഡവസ്തുക്കൾക്കും അത് ചൈതന്യം പാർന്നുകൊണ്ടേയിരിക്കുന്നു സദാ ജടത്തെ ചൈതന്യവത്താക്കിക്കൊണ്ടേയിരിക്കുന്നു സസ്യഭാസ സർവം ഇതം വിഭാവി എന്ന ശ്രുതി വേറെ തരത്തിൽ വേറെ തരത്തിൽ പറയുന്നു അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചേതയിത സാക്ഷിഭൂത സാക്ഷിയായിരിക്കുന്നു സാക്ഷിയായിരുന്നു കൊണ്ട് ഇതിന് ചൈതന്യം പകരുന്നു എന്ന് പറയുമ്പോ എന്ത് ചെയ്യുന്നു ഇത് അസംഗമായി നിസ്സംഗമായിരുന്നു കൊണ്ട് തന്നെ ഈ പ്രവർത്തി ചെയ്യും ആത്മാവിന് യാതൊരു പറ്റലുമില്ല അതിന് യാതൊരു ഈ ജഡവുമായിട്ടുള്ള ദുഷ്ടന്മാരുമായിട്ടുള്ള സംസർഗവും കൊണ്ട് ദുഷ്ടത നമ്മിലേക്ക് വരും പക്ഷേ ഈ സാക്ഷി സ്വരൂപനായിരിക്കുന്ന ആത്മാവ് ഈ ജഡവസ്തുക്കളുമായിട്ട് ഇങ്ങനെ ആ ജട വസ്തുക്കളിലേക്ക് പരിസരിപ്പിച്ച് അതിന് ചൈതന്യം പകരുന്നതുകൊണ്ട് അതിന് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല അതിന് യാതൊരു ദുഷ്ടതയും യാതൊരു കളങ്കവും വരുന്നില്ല എന്തുകൊണ്ടത് സദാ അസംഘ ഉദാസീനനായിരിക്കും അതതിന്റെ നിർഗുണമായ ഭാവത്തിലിരുന്നുകൊണ്ട് തന്നെയാണ് സഗുണമായി തീരുന്നത് അതിന്റെ സാക്ഷിഭാവത്തിലിരുന്നു കൊണ്ട് തന്നെയാണ് ദൃശ്യഭാവത്തിലേക്കും പോകുന്നത് അതിനൊന്നും സംഭവിക്കുന്നില്ല അതിനൊന്നും സംഭവിക്കാതെ നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ മറ്റും പഠിച്ചത് അധ്യാസം താതാത്മ്യ അധ്യാസം എന്ന് പറയുന്നത് അത്തരമൊരു കഴിവ് ആത്മാവിന് മാത്രമേ ഉള്ളൂ തന്നെ സ്പർശിക്കാതെ തന്റെ സ്വരൂപത്തിന് വിരുദ്ധമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇടപെടുക അതാണ് ഇവിടെ രണ്ടും പറഞ്ഞിരിക്കുന്നത് സാക്ഷിഭൂത ചേതയ അത് സാക്ഷി സ്വരൂപനായിരിക്കുന്നു അതേസമയം ചേതയിതാവായും എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവൻ എല്ലാത്തിനും പകരുന്നവനായും കേവലൻ ഏകനായിരിക്കുന്നു അനേക ശരീരത്തിലിരുന്നത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏകൻ ഏകനാണ് കേവലൻ ഏകൻ നിർഗുണ നിർഗുണനായിരിക്കുന്നു ഗുണങ്ങൾ സുഖം ദുഃഖം തുടങ്ങിയ ഗുണങ്ങൾ ഇതൊന്നും ആത്മാവിനല്ല നിർഗുണനായിരിക്കുന്നു അനേനൈവ സ്വരൂപേണ അഭ്യക്താദീനാം സ്ഥാപനം എന്താനാണ് അഹം ആത്മാ അനൈവ സ്വരൂപേണ ഈ സാക്ഷ്യ സ്വരൂപത്തിൽ തന്നെ ഈ ഏകസ്വരൂപത്തിൽ തന്നെ നിർഗുണഭാവത്തിൽ തന്നെ എന്താണ് അഭ്യക്താദീനാം സ്ഥാപന അവ്യക്തം തുടങ്ങി സ്ഥാപനം വരെയുള്ള സർവത്തിന്റെയും ആത്മാവ് അഹമേവ ആത്മാ താൻ തന്നെയാണ് ഇതാണ് സർവാത്മഭാവം എന്ന് പറയുന്നത് ഒരു മുമക്ഷുവിന്റെ വൈയക്തികമായ അനുഭവം സർവാത്മഭാവം ഇതൊരു സമൂഹ നിഷ്ഠമെന്ന വ്യക്തി നിഷ്ഠമാണ് നമുക്ക് വിതരണം ചെയ്യാൻ പറ്റത്തില്ല മറിച്ച് കേവലമായ ആന്തരികമായ അനുഭൂതി വേറെ ആൾക്ക് പകർന്നുകൊടുക്കാൻ പറ്റത്തില്ല സർവഭൂതേഷിച്ച് ആത്മാനും നിർവിശേഷം സർവഭൂതങ്ങളിലും ഈ ആത്മാവിനെ നിർവിശേഷമായിരിക്കുന്ന ഈ ആത്മാവിനെ യാഹാത്വ അനുപതി ഈ പറഞ്ഞ രീതിയിൽ ആരാണോ കാണുന്നത് ആത്മാവിനെ ഇവിടെ വിശേഷിപ്പിച്ച രീതിയിൽ അത് സാക്ഷിയാണ് ചേതയിതാവാണ് ഏകനാണ് നിർഗുണനാണ് എന്നിങ്ങനെ സർവപ്രാണികളിലും തന്നെ തന്നെ കാണുന്നു ആത്മാവിനെ കാണുന്നു എന്ന് പറയുമ്പം ആത്മാവെന്ന് പറയുന്ന മറ്റൊരു വസ്തുവിനെ ആകാശം പോലെ വ്യാപകമായി ഒരു വസ്തുവിനെ കാണുന്നു തന്നെ തന്നെ കാണുന്നു അനുപശരി നിരന്തരം കണ്ടുകൊണ്ടേ അങ്ങനെ കാണുന്നു അവൻ സഹ അവൻ തതഹ തസ്മ ദേവ ദർശന ഇങ്ങനെയൊരു ആത്മാനുഭവം ഉള്ളത് കൊണ്ട് തന്നെ സർവത്തെയും കാണുക തന്നെ സർവത്തിനും കാണുക ഭൗദ്ഗീതിയിൽ മറ്റേത് പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ സർവാത്മഭാവത്തെക്കുറിച്ച് ന വിജഗുപ്സതേ അവന് വിജുഗുസയില്ല വിജുഗുപ്സാൻ ഘൃണാൻ നോതി അവനും വെറുപ്പില്ല ഒന്നിനോടും അവനൊന്നിനോട് നിന്ദ ഇല്ല അവനൊന്നിനെയും വെറുക്കുന്നില്ല ഒന്നിനെയും നിന്ദിക്കുന്നില്ല അവൻ്റെ ഒളി ആ സർവാത്മഭാവത്തിന്റെ സവിശേഷതയെ കുറിച്ച് പറയണം അവന് വെറുക്കാനോ നിന്ദിക്കാനോ ഒന്നുമില്ല രീതിയിൽ പറയുന്നുണ്ടല്ലോ ഉദാസീനൻ ശത്രുമിത്രാദികളെല്ലാം ഉദാസീനനായിരിക്കുന്നു കോപതാപാധികളൊന്നും ഇല്ലാതിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെയും പറയുന്നത് ശത്രു അപ്പോൾ ഇവിടെ ഒരു സംശയം വരും അങ്ങനെ ഉള്ള ഒരാള് സർവാത്മഭാവത്തിലിരിക്കുന്ന ആള് ില്ല എന്ന് എന്തിനു പറയണം കാരണം വെറുപ്പ് നിന്ദ അതൊന്നും അവിടെ പ്രാപ്തമേ ആകുന്നില്ല അത് സാധാരണ മനുഷ്യനിലാണ് വെറുപ്പ് നിന്ദ തുടങ്ങിയ ഭാവങ്ങളെല്ലാം പ്രാപ്തമാകുന്നത് അപ്പൊ പ്രാപ്തമാകാത്ത ഒന്നിനെന്തിനു നിഷേധിക്കണം എന്ന് സംശയം വരാം കാരണം അങ്ങനെയൊന്നും അവിടെ അങ്ങനെ ഒരു സർവാത്മ ഭാവം വരികയാണെങ്കിൽ വെറുക്കുന്നതിന് അന്യമായും മറ്റൊന്നുമില്ല അന്യമായ ഒന്നിനെ കണ്ടാൽ വെറുപ്പെന്ന് പറയുന്നൊന്നുണ്ടാവുന്നു ഇവിടെ അന്യമായ ഒന്നില്ലെങ്കിൽ പിന്നെ വെറുപ്പെന്ന് പറയുന്നത് അവിടെ പ്രസക്തമാകുന്നു പ്രസക്തമാകാത്തതിന് എന്തിനു നിഷേധിക്കുന്നു എന്നുള്ള അതങ്ങനെ പ്രത്യേകിച്ച് നിഷേധിക്കാൻ കാരണം പറഞ്ഞല്ലോ ഇത് കേവലം വ്യക്തിനിഷ്ഠമായ ഭാവമാണ് ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഭാവമാണ് നമുക്ക് ഉൾക്കൊണ്ട് വിതരണം ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ലേ നമ്മൾ വിതരണം ചെയ്യുന്നത് ശബ്ദത്തെ നമുക്ക് വിതരണം ചെയ്യാൻ പറ്റും ഭാവത്തെ വിതരണം ചെയ്യാൻ പറ്റത്തില്ല ഉപദേശം ശബ്ദത്തെ ഉപദേശിക്കും അതുകൊണ്ട് കൂടി വന്നാൽ എന്തെങ്കിലും സിദ്ധിവിശേഷങ്ങളെ ഒരാൾക്ക് വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയും എന്തെങ്കിലും താൽക്കാലികമായ അനുഭൂതികളെ ഒരാൾക്ക് വേറൊരാൾക്ക് താൽക്കാലികമായിട്ടുള്ള അനുഭൂതികൾ പാർന്നു കൊടുക്കാൻ ഇത് ഈ പറയുന്ന ആത്മബോധം എന്ന് പറയുന്ന ജീവൻ ാണ് അങ്ങനൊരു ജീവന്റെ അജ്ഞാനം നശിക്കുമ്പോൾ അയാൾ പ്രകടമാകുന്ന ആളാണ് അപ്പൊ അങ്ങനെയുള്ള ആത്മഭാവത്തെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല വേറെ ആൾക്കിതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാത്മഭാവമുള്ള ഒരാളിനെ അയാളുടെ ബാഹ്യമായ ആചരണങ്ങളിലൂടെ നമ്മൾ വിലയിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയങ്ങളുണ്ടാവും ആത്മഭാവത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ബാഹ്യമായ ആചരണങ്ങളിലൂടെ നമ്മൾ വിലയിരുത്താൻ ശ്രമിച്ചാൽ അത് തെറ്റോ ശരിയോ ആകാ രണ്ട് സംഭവിക്കാം എന്തുകൊണ്ട് സർവജീവന്മാരും ബാഹ്യ ആചരണമെന്ന് പറയുന്ന അവരുടെ പ്രാരബ്ധത്തെ അനുഷ്ഠിച്ചാണ് അനുസരിച്ചിട്ടാണ് അവരുടെ പ്രാരബ്ധ കർമ്മത്തെ അനുഷ്ഠിച്ചിട്ടാണ് പ്രാരബ്ധകർമ്മെന്ന് പറയുമ്പോൾ അവരിലിരിക്കുന്ന പുണ്യപാപകർമ്മങ്ങളെ അനുസരിച്ചിട്ടാണ് അപ്പൊ ബാഹ്യമായ തലത്തിൽ ഇത്ര സർവാത്മഭാവം വന്ന ഒരുവനും ബാഹ്യതലത്തിൽ നോക്കിയാൽ ശത്രുമി ശത്രുമിത്രങ്ങളും ഗോപതാപങ്ങളും മാനാപമാനങ്ങളും എല്ലാം ആകാം വരാം വരാതിരിക്കാം വ്യവസ്ഥതയില്ല അതിനു നിയമമില്ല അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം ഇങ്ങനെയൊരു സർവാത്മഭാവം വന്ന ഒരാളിന് നമ്മളെ പോലെ തന്നെ അയാളിന് ധർണയിരിക്കുന്നുണ്ടോ വെറുപ്പിരിക്കുന്നുണ്ടോ നിന്ദ ഇരിക്കുന്നുണ്ടോ എന്നത് കാരണം നമ്മൾ കേട്ടിട്ടില്ലേ ഗോപിക്കുന്ന മഹർഷിമാരെ കുറിച്ച് അല്ല ധാരാളം പറയുന്നുണ്ടല്ലോ ശവിക്കുന്ന മഹർഷിമാർ അപ്പോൾ ആത്മജ്ഞാനികളിൽ പിന്നെ അതൊക്കെ സംഭവിക്കുന്നുണ്ടോ പറയുന്നു പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല പരമാർത്ഥത്തിൽ ഒരിടത്ത് സംഭവിക്കുന്നില്ല പക്ഷെ പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള ബോധം ഒരിടത്ത് നിൽക്കുന്നില്ല അത് അപൂർവം സ്ഥലത്തെ നിൽക്കുന്നുള്ളൂ ഈ സർവാത്മഭാവം വന്നവരിൽ മാത്രം അതുകൊണ്ടെന്തുന്നു ബാഹ്യമായി കോപതാപങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാലും വാസ്തവത്തിലവർ സർവാത്മഭാവത്തിലിരിക്കുന്നതുകൊണ്ട് കോപിക്കുന്നില്ല ശവിക്കുന്നില്ല തപിക്കുന്നില്ല ശോകമോഹങ്ങൾക്കൊന്നും അടിമപ്പെടുന്നില്ല എന്നുള്ള കാര്യം വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതിലൂടെ പ്രാപ്തമാകുന്ന കാര്യമേ അല്ല പരമാർത്ഥത്തിൽ അത് സംഭവിക്കുന്നില്ല പക്ഷെ ബാഹ്യമായി അങ്ങനെ എന്തെങ്കിലും കണ്ടാലും അല്ലെങ്കിൽ ഇപ്പോൾ സർവാത്മഭാവം വന്ന ഒരാൾ ശത്രു ഇല്ല എന്ന് പറഞ്ഞ് പുറമേ ഒരു ശത്രു ആ വ്യക്തിക്ക് ഉണ്ടായി കൂടാന്നില്ല പുറമേ ശത്രു ഉണ്ടാവാം കാരണം അതിനെ മറ്റൊരാൾ അറിയുന്നുണ്ടല്ലോ അറിയാത്ത ഒരാൾ അതിന് ആ വ്യക്തി ശത്രുവായിട്ടോ മിത്രമായിട്ടോ കാണാം അങ്ങനെ ശത്രുവായിട്ടോ മിത്രമായിട്ടോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവിടെ വാസ്തവത്തിൽ ആ വ്യക്തിയിൽ ശത്രു മിത്ര ഭാവമില്ല ഉദാസീന ഭാവമാണ് ശത്രുഭാവം ഇല്ലാത്ത കൊണ്ടുതന്നെ വെറുപ്പില്ല വേറെടുത്ത് പഠിക്കുന്നു ജനകൃപ നൈര്യം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധരിക്കുന്നത് പോലെയുള്ള ജനകൃപയും ഇല്ല നിഷ്ഠുരതയും ഇല്ല രണ്ടുമില്ല നിഷ്ഠുരത ക്രൂരത അതിന്റെ മറുവശമാണ് കൃപ എന്ന് പറയുന്നത് ഇത് രണ്ടും പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല സംഭവിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ജനകൃപ നൈഷ്ഠുര്യംജ്യത സാധനാ വഞ്ചകത്തിന് ആചാര സമയത്ത് പറയുന്നത് ത്തിച്ചു കൂട്ടി കൃപയുണ്ടാക്കണ്ട എങ്ങനെ ഒരാളോട് കാരുണ്യം തോന്നണമെങ്കിൽ അവന് എന്തെങ്കിലും ന്യൂനത വേണം എന്തെങ്കിലും കുറവ് അതിനവൻ അർഹിക്കണം എന്തെങ്കിലും ഒരു ന്യൂനത കുറവ് ഉണ്ടാവണം ഇവിടെ സർവവ്യാപിയായിരിക്കുന്ന പരിപൂർണമായ സത്യദാനന്ദ സ്വരൂപമാണ് ഒരുവനെങ്കിൽ പിന്നെ അവനോട് എങ്ങനെ കരുണ്യം കാണിക്കാൻ പറ്റും ആരാരോട് കാരുണ്യം കാണിക്കും അത് അപ്രസക്തമായ ഒരു കാര്യമാണ് സർവാത്മഭാവം വന്ന് സർവാത്മഭാവത്തിലിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും ന്യൂന അത് കാണുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് കാരുണ്യത്തിന് പ്രസക്തി വ്യാസനും പറയുന്നുണ്ട് എന്നാലും നമ്മൾ കാണുന്നു ബാഹ്യമായി നോക്കുമ്പോൾ കഷ്ടപ്പെടുന്നവരോട് കാരുണ്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് രണ്ടും കാണുന്നുണ്ട് അപ്പൊ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നിടത്ത് അവരിൽ നിഷ്ഠുരതയില്ല ക്രൂരതയില്ല കഷ്ടപ്പെടുന്നവരോട് സഹായിക്കുമ്പോൾ അവരിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാരുണ്യവും അവരിലില്ല എന്നാണ് അതൊന്നും അവിടെ പ്രസക്തമാകുന്നില്ല എന്നാണ് അപ്പൊ ഭാഗ്യമായി പ്രവൃത്തികൾ നടക്കാം കാരുണ്യഭാവം കാണാം ചിലപ്പോൾ കോപവും വന്നെന്നിരിക്കാം അപ്പൊ അതൊന്നും അവിടെ ആന്തരികമായ ഭാവത്തിൽ ഇതൊന്നുമില്ല എന്നുള്ള നമ്മൾ വിലയിരുത്തുന്ന തരത്തിലല്ല അതിന്റെ മൂല്യം എന്ന് നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ് ഖനാം നഗരോധി അവിടെ വെറുക്കുന്നില്ല ആരെയും പ്രത്യേകിച്ച് സ്നേഹിക്കുന്നുമില്ല ആരെയും പ്രത്യേകിച്ച് വെറുക്കുന്നുമില്ല എന്നുള്ളതാണ് പരമാർത്ഥം മഹാത്മാക്കളുടെ വാസ്തവിക സ്ഥിതി അതാണ് അവരന്തരിക ഭാവം അതാണ് അത് തന്നെയാണ് വിശദീകരിക്കുകയാണ് പ്രാപ്ത സൈവ അനുവാദവയം അത് വിശദീകരിക്കുകയാണ് ഇത് പ്രാപ്തമായിരിക്കുന്ന കാര്യം തന്നെ അവര് സ്വദേസിദ്ധമായിരിക്കുന്ന കാര്യത്തിന്റെ അനുവാദമാണ് പ്രത്യേകിച്ച് വിധിക്കുകയല്ല നീ അതുകൊണ്ട് ഇനി നീ ആരെയും കോപിക്കരുത് എന്ന് വിധിക്കുകയല്ല ഉള്ള കാര്യത്തെ വിശദീകരിക്കുകയാണ് വിധി വേറെ വിശദീകരണം വേറെ അനുവാദം എന്ന് പറഞ്ഞാൽ വിശദീകരണം ഒരു വസ്തുതയെ വിശദീകരിക്കണം അല്ല അങ്ങനെ ആയിക്കൊള്ളണമെന്ന് പറയാം ആത്മജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇങ്ങനെയൊക്കെ പെരുമാറി എന്ന് ഒരാള് വേറെ ആളിനെ പഠിപ്പിക്കുന്ന ഒരു വിഷയമല്ലേ ആത്മജ്ഞാനിക്ക് അങ്ങനെ ഒരു ബോധനത്തിന്റെ ആവശ്യം അതുകൊണ്ട് പറയുന്നു പ്രാപ്തസീവ ഇത് സ്വതേപ്രാപ്തമായിരിക്കുന്നതാണ് അതിന്റെ അനുവാദമാണ് അതിന്റെ വിശദീകരണമാണ് പറയുന്നത് എന്താണ് സർവാഹി ഘൃണാം ആത്മനോ അന്യത് ദുഷ്ടം പശ്യതോ ഭവതി സർവാഹി ഘൃണ ഈ കോപതാപകങ്ങളെല്ലാം എന്താണ് ആത്മനോ അന്യദുഷ്ടന്യമായി ദുഷ്ടമായ ദുഷിച്ച ചീത്തയായോ ഒന്നിനെ പശ്ചിത കാണുന്നവന് ഭഗവതി സംഭവിക്കുന്നു അല്ല അന്യമായി ഒന്നിനെ കാണുന്നില്ല കേട്ടോ സ്നേഹവും അങ്ങനെ താൻ മറ്റൊരാളെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം അവനെ അന്യനാക്കണം എന്നാലും സ്നേഹിക്കാൻ പറ്റും അന്യനാൽ ആക്കാതെങ്കിലും ഒരാളെ സ്നേഹിക്കാൻ പറ്റും താൻ തന്നെയാണെങ്കിൽ പിന്നെ എങ്ങനെ സ്നേഹിക്കും കഴിയുന്നില്ല കാരണം തനിക്ക് തന്നെ പ്രത്യേകിച്ച് സ്നേഹിക്കേണ്ട ആവശ്യമുണ്ട് തന്റെ തന്നെ സ്വരൂപം അത് തന്റെ തന്നെ എന്തെങ്കിലും പ്രവൃത്തിക്ക് വിഷയമാകുന്ന ഒന്നല്ല മൂക്കുകൊണ്ട് തന്റെ മൂക്കി തൊടാൻ പറ്റും പറ്റത്തില്ലല്ലോ തന്നിൽ തന്റേതായ ക്രിയകളൊന്നും നടക്കുന്നില്ല പിന്നെ എന്തെങ്കിലും മാനസികഭാവങ്ങൾ നടക്കുന്നെങ്കിൽ അന്യമായ വസ്തുവിടായിരിക്കും ഇവിടെ അന്യമില്ല വാസ്തവം ആണ് പറയുന്നത് അന്യ ദുഷ്ടം ബശ്യത അന്യ ദുഷിച്ച ഒന്നിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ദേഷ്യം വരും നല്ല എന്തിനെങ്കിലും കണ്ട സ്നേഹം വരും ഇഷ്ടം വരും ആത്മാനമേവ അത്യന്തം അത്യന്ത വിശുദ്ധം നിരന്തരം ബശ്യത തന്നെ തന്നെ താനും എങ്ങനെയാ അത്യന്ത വിശുദ്ധമാണ് യാതൊരു ദുഷ്ടതയും അവിടെ ഇല്ല നിരന്തരം അവിടെ ഞാനും നീയും തമ്മിലൊരകൽച്ചയില്ല ഞാനും ഇനിയും തമ്മിലൊരു ബന്ധം അവിടെ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ നിരന്തരമാണ് ഇതിന്റെ ഇതിന് ഇടയില്ല അന്തരം ഇട അതില്ലാത്തതാണ് അങ്ങനെ കാണുന്നവന് എന്ന ഘൃണാനിമിത്തം അവനെ സംബന്ധിച്ചിടത്തോളം ഘൃണയ്ക്ക് വെറുപ്പിന് നിമിത്തമായിട്ട് അർദ്ധാന്തരം അസ്ഥി മറ്റൊരു വസ്തുവിടെ ഇല്ല ഇതി പ്രാപ്തമേവ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം പ്രാപ്തമാണ് സഹജമാണ് ഞാനിവിടെ സഹജമായ ഭാവമാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് തതോനവിദ്യുസതും അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ജ്ഞാനിയുടെ സഹജമായ ഒരു ഭാവത്തിന്റെ വിശദീകരണമാണ് ഈ പറയുന്നത് അതുകൊണ്ട് പരമാർത്ഥത്തിൽ നമ്മൾ ബാഹ്യമായി കാണുന്ന നമ്മൾ കരുതുന്ന കാര്യങ്ങളൊന്നും ആ സർവാത്മഭാവം വന്ന വ്യക്തിയിൽ സംഭവിക്കുന്നില്ല എന്നാ പിന്നെ ബാക്കി ഇതൊക്കെ പറയുന്നതോ നമ്മൾ കൽപ്പിക്കുന്നതാണ് അല്ല നമ്മുടെ കല്പനകളാണ് പരമാർത്ഥമല്ല അങ്ങനെയുള്ള കൽപ്പനകൾ എന്ന് പറയുന്നത് നമ്മളങ്ങനെ കല്പിക്കുന്നത് തെറ്റാണ് ഒരിക്കലുമല്ല ഗുരുവിനെന്നോട് വലിയ വാത്സല്യമാണ് എന്ന് കരുതുന്ന ഒരിക്കലും തെറ്റല്ല അബദ്ധമല്ല എന്തുകൊണ്ട് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആലംബനങ്ങളെല്ലാം ആവശ്യമാണ് മുന്നോട്ട് പോകുന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കൈപിടിച്ചാലും ഇവന് നടക്കാൻ പറ്റും അതുകൊണ്ട് ഗുരുക്കന്മാരെ സംബന്ധിച്ച് നമ്മളിങ്ങനെ നടത്തുന്ന കല്പനകളെല്ലാം അസംബന്ധമാണെന്ന് തന്നെ പറയുന്നത് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയുകയാണ് സ്നേഹം വാത്സര്യം കാരുണ്യം ഇത്തരം ഭാവനകൾ ഇതെല്ലാം നമ്മൾ കൽപ്പിച്ച് എടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് അതെല്ലാം സഹായകരമായി തീരുന്നുണ്ട് അതെല്ലാം വ്യാവഹാരികമായി എല്ലാം നിലനിൽക്കുന്നതാണ് പക്ഷെ പരമാർത്ഥ സ്ഥിതി എന്താണെന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത് അപ്പൊ ഈ വ്യാവഹാരികമായ ആലംബനങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും പരമാർത്ഥത്തെ വിസ്മരിക്കാൻ പാടില്ല അതാണ് ഉപനിഷത്ത് നമ്മളെ ബോധിപ്പിക്കുന്നത് മറ്റെല്ലാം നമ്മൾക്ക് സഹായകരമായി നമുക്ക് സ്വീകരിക്കാമെന്നുള്ള കാര്യങ്ങൾ തന്നെ അതിനെ ഒന്നും നിഷേധിക്കാനല്ല ഇവിടെ ചെയ്യുന്നു അപ്പൊ സ്നേഹവാത്സല്യങ്ങളെ നിഷേധിക്കുന്ന അല്ല പക്ഷെ പരമാർത്ഥത്തിൽ അതാണ് അന്യമായി ഒന്നുമില്ല ഏതോ ഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ആത്മസ്വരൂപികളായി സ്ഥിതി ചെയ്യുന്നു ഈ പറയുന്ന പരിഭ്രാട് മോക്ഷും ആത്മബോധം ഉള്ളവൻ എന്നാണ് ഇവിടെ പറയുന്നത് ആ മന്ത്രത്തിന്റെ അർത്ഥത്തെ ഒന്നുകൂടി പറയാം യു യാതൊരു മുമുക്ഷണോ സർവാണി ഭൂതൂതങ്ങളെയും ആത്മനിവ തന്നിൽ തന്നെ അനുപശ്യതി നിരന്തരം കാണുന്നത് സർവഭൂത ൂതങ്ങളിലും ഭൂതങ്ങളെന്ന് പറയുന്നോണ്ട് ഇവിടെ പ്രാണികളെന്നോ വസ്തുക്കളെന്നോ എങ്ങനെ വേണം എടുക്കാം സർവ്വ വസ്തുക്കളിലും ആത്മാനഞ്ച തന്നെയും അനുപശതി കാണുന്നത് തഥ അത്തരം കാഴ്ച ഉള്ളത് കൊണ്ട് ആ സർവാത്മഭാവം ഉള്ളത് കൊണ്ട് അവൻ ഒന്നിനെയും വെറുക്കുന്നില്ല എന്നാണ് വെറുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദ്വന്ദ്ത്മകമായ യാതൊരു ഭാവങ്ങളിലും ഇല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം വെറുപ്പ് എന്നുള്ളതിന്റെ വിപരീതമാണ് സ്നേഹം ഇഷ്ടം പ്രത്യേകിച്ച് അന്നിനോടും ഇഷ്ടമില്ല പ്രത്യേകിച്ച് ഒന്നിനോടും വെറുപ്പമില്ല എന്നാണ് ബാക്കിയുള്ള എല്ലാ ഭാവങ്ങളും ശത്രുമിത്രഭാവം മാന അപമാനഭാവങ്ങൾ ഇങ്ങനെ വരുന്ന എല്ലാ ദിവസം ഈ ആത്മജ്ഞാനിയിൽ മുക്ഷുവല്ല നിഷേധിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ നിഷേധിച്ചുകൊണ്ട് അതിന്റെ പരമാർത്ഥ സ്വരൂപത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരുന്ന രണ്ടു മന്ത്രവും അടുത്ത മന്ത്രവും ഇതിനു വേണ്ടിയിട്ടാണ് അതാ പറയുന്നത് അന്യോപിമന്ത്രമം ഏവാർത്ഥം ഈ അർത്ഥത്തെ തന്നെ അന്യ മന്ത്രാഭി അടുത്ത മന്ത്രവും പറയുന്നു മന്ത്രം നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന സർവാത്മഭാവത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും വിശദീകരണം ആവശ്യമായിട്ട് വരും ചില ഭാഗങ്ങളിൽ വീണ്ടും സംശയം വരും ആ സംശയത്തെ വീണ്ടും വിശദീകരിച്ച് ആ സംശയത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും അതേ കാര്യത്തിൽ മന്ത്രം ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ നേരത്തെ പറഞ്ഞു മന്ത്രാണാം എന്നാ ജാമിത മന്ത്രങ്ങൾക്ക് ആലസ്യമില്ല അല്ലെങ്കിൽ മന്ത്രദ്രഷ്ടാക്കൾക്കതില്ല അതുകൊണ്ടവർ ഈ പറയുന്ന കാര്യം ദുർഗ്രഹമായിരിക്കുന്ന യാർണ്ണ തത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഇതിന്റെ അവസ്ഥാന്തരങ്ങൾ പല ഭാവങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി വീണ്ടും അതേ കാര്യത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അതാണ് അടുത്ത മന്ദിരത്തിൽ അത് നമ്മൾ അടുത്ത ദിവസം ചർച്ച ചെയ്യും